ം ഇരുപത്തി അഞ്ച് ശമുവേൽ മരിച്ചു ഇസ്രയേലൊക്കെയും ഒരുമിച്ചുകൂടി അവനെക്കുറിച്ച് വിലപിച്ചു രാമയിൽ അവന്റെ വീട്ടിനരികെ അവനെ അടക്കം ചെയ്തു ദാവീത് പുറപ്പെട്ട് പാരാൻ മരുഭൂമിയിൽ പോയി പാർത്തു കർമേലിൽ വ്യാപാരമുള്ള ഒരു മാവോന്യൻ ഉണ്ടായിരുന്നു അവൻ മഹാധനികനായിരുന്നു അവന് മൂവായിരം ചെമ്മരിയാടും ആയിരം കോലാടും ഉണ്ടായിരുന്നു അവന് കർമേലിൽ ആടുകളെ രോമം കത്തിറിക്കുന്ന അടിയന്തരം ഉണ്ടായിരുന്നു അവന് നാബാലെന്നും അവന്റെ ഭാര്യയ്ക്ക് അബീഗൈൽ എന്നും പേർ അവൾ നല്ല വിവേകമുള്ളവളും സുന്ദരിയും അവനോ നിഷ്ഠൂരനും ദുഷ്കർമ്മിയും അവൻ കാലേബ് വംശക്കാരൻ ആയിരുന്നു നാബാലിന് ആടുകളെ രോമം കത്തിരിക്കുന്ന അടിയന്തരമുണ്ടെന്ന് ദാവീദ് മരുഭൂമിയിൽ കേട്ടു ദാവീദ് പത്തു ബാല്യക്കാരെ അയച്ചു അവരോട് പറഞ്ഞത് നിങ്ങൾ കർമേലിൽ നാബാലിന്റെ അടുക്കൽ ചെന്ന് എന്റെ പേരിൽ അവന് വന്ദനം ചൊല്ലി നന്നായിരിക്കട്ടെ നിനക്കും നിന്റെ ഭവനത്തിനും നന്നായിരിക്കട്ടെ നിനക്കുള്ള സകലത്തിനും നന്നായിരിക്കട്ടെ നിനക്ക് ആടുകളെ രോമം കത്തിരിക്കുന്ന അടിയന്തരമുണ്ടെന്ന് ഞാൻ കേട്ടിരിക്കുന്നു നിന്റെ ഇടയന്മാർ ഞങ്ങളോടുകൂടെ ഇരുന്നപ്പോൾ ഞങ്ങൾ അവരെ ഉപദ്രവിച്ചില്ല അവർ കർമേലിൽ ഇരുന്ന കാലത്തൊക്കെയും അവർക്ക് ഒന്നും കാണാതെ പോയതുമില്ല നിന്റെ ബാല്യക്കാരോട് ചോദിച്ചാൽ അവരും നിന്നോട് പറയും അതുകൊണ്ട് ഈ ബാല്യക്കാരോട് ദയതോന്നേണം നല്ല നാളിലല്ലോ ഞങ്ങൾ വന്നിരിക്കുന്നത് നിന്റെ കയ്യിൽ വരുന്നത് അടിയങ്ങൾക്കും നിന്റെ മകനായ ദാവീദിനും തരേണമേയെന്ന് അവനോട് പറഞ്ഞു ദാവീദിന്റെ ബാല്യക്കാർ ചെന്നു ഈ വാക്കുകളെല്ലാം ദാവീദിന്റെ പേരിൽ അറിയിച്ച് കാത്തുനിന്നു നാബാൽ ദാവീദിന്റെ ഭൃത്യന്മാരോട് ദാവിദാർ ഷായിയുടെ മകൻ ആ യജമാനന്മാരെ വിട്ട് പൊയ്ക്കളയുന്ന ദാസന്മാർ ഇക്കാലത്ത് വളരെയുണ്ട് ഞാൻ എന്റെ അപ്പവും വെള്ളവു എന്റെ ആടുകളെ രോമം കത്തിരിക്കുന്നവർക്കായി ഒരുക്കിയ മാംസവും എടുത്ത് അറിയാത്തവർക്ക് കൊടുക്കുമോ എന്നു തരം പറഞ്ഞു ദാവിനന്റെ ബാല്യക്കാർ മടങ്ങിവന്ന് വിവരമൊക്കെയും അവനോട് അറിയിച്ചു അപ്പോൾ ദാവീദ് തന്റെ ആളുകളോട് എല്ലാവരും കെട്ടിക്കൊള്ളുവീൻ എന്നു പറഞ്ഞു അവരെല്ലാവരും കെട്ടിയിട്ട് ഏകദേശം നാനൂറ് പേർ ദാവീദിന്റെ പിന്നാലെ പുറപ്പെട്ടു പോയി ഇരുന്നൂറ് പേർ അടുക്കൽ പാർത്തു എന്നാൽ ബാല്യക്കാരിൽ ഒരുത്തൻ ിന്റെ ഭാര്യയായ അബീഗയിലിനോട് പറഞ്ഞതെന്തെന്നാൽ ദാവീദ് നമ്മുടെ യജമാനന് വന്ദനം ചൊല്ലുവാൻ മരുഭൂമിയിൽ നിന്ന് ദൂതന്മാരെ അയച്ചു അവനോ അവരെ ശകാരിച്ച് അയച്ചു എന്നാൽ ആ പുരുഷന്മാർ ഞങ്ങൾക്ക് ഏറ്റവും ഉപകാരമുള്ളവരായിരുന്നു ഞങ്ങൾ വയലിൽ അവരുമായി സഹവാസം ചെയ്തിരുന്ന കാലത്തൊരിക്കലും അവർ ഞങ്ങളെ ഉപദ്രവിച്ചില്ല ഞങ്ങൾക്കൊന്നും കാണാതെ പോയതുമില്ല ഞങ്ങൾ ആടുകളെ മേയിച്ചുകൊണ്ട് അവരോടുകൂടെ ആയിരുന്നപ്പോഴൊക്കെയും രാവും പകലും അവർ ഞങ്ങൾക്ക് ഒരു മതിലായിരുന്നു ആകയാൽ ഇപ്പോൾ ചെയ്യേണ്ടതെന്തെന്ന് ആലോചിച്ചു നോക്കണം നമ്മുടെ യജമാനന് അവന്റെ സകല ഭവനത്തിനും ദോഷം നിർണയിച്ചുപോയിരിക്കുന്നു അവനോനോ ദുസ്വഭാവിയാകൊണ്ട് അവനോടാർക്കും ഒന്നും മിണ്ടിക്കൂടാ ഉടനെ അബികയിൽ ഇരുന്നൂറപ്പവും രണ്ടു തുരുത്തി വീഞ്ഞും പാകം ചെയ്ത അഞ്ച് ആടും അഞ്ചുപറ മലരും നൂറ് ഉണക്ക മുന്തിരിക്കുലയും ഇരുന്നൂറ് അത്തിഹടയും എടുത്ത് കഴുതപ്പുറത്ത് കയറ്റി ബാല്യക്കാരോട് നിങ്ങളെനിക്ക് മുമ്പായി പോകുകയും ഞാനിതാ പിന്നാലെ വരുന്നു എന്നു പറഞ്ഞു തന്റെ ഭർത്താവായ നാബാലിനോട് അവൾ ഒന്നും അറിയിച്ചില്ലതാൻ അവൾ കഴുതപ്പുറത്ത് കയറി മലയുടെ മറവിൽ കൂടി ഇറങ്ങിച്ചെല്ലുമ്പോൾ ഇതാ ദാവീദും അവന്റെ ആളുകളും അവളുടെ നേരെ വരുന്നു അവൾ അവരെ എതിരേറ്റു എന്നാൽ ദാവീദ് മരുഭൂമിയിൽ അവന് ഉണ്ടായിരുന്നതൊക്കെയും ഞാൻ വെറുതെയല്ലോ കാത്തത് അവന്റെ വക ഒന്നും കാണാതെ പോയതുമില്ല അവനോ നന്മയ്ക്കു പകരം എനിക്ക് തിന്മ ചെയ്തു അവനുള്ള സകലത്തിലും പുരുഷപ്രജയായ ഒന്നിനെയെങ്കിലും പുലരും വരെ ഞാൻ ജീവനോടെ വെച്ചേച്ചാ ദൈവം ദാവീതിന്റെ ശത്രുക്കൾക്ക് തക്കവണ്ണവും അധികവും ചെയ്യട്ടെ എന്ന് പറഞ്ഞിരുന്നു അബികെ ദാവീദിനെ കണ്ടപ്പോൾ ക്ഷണത്തിൽ കഴുതപ്പുറത്തുനിന്ന് ഇറങ്ങി ദാവീദിന്റെ മുമ്പിൽ സാഷ്ടാംഗം വീണ് നമസ്കരിച്ചു അവൾ അവന്റെ കാൽക്കൽ വീണ് പറഞ്ഞത് യജമാനെ കുറ്റം എന്റെ മേൽ ഇരിക്കട്ടെ അടിയനൊന്ന് ബോധിപ്പിച്ചുകൊള്ളട്ടെ അടിയന്റെ വാക്കുകളെ കേൾക്കേണമേ ദുസ്വഭാവിയായ ഈ നാബാലിനെ യജമാനൻ ഗണ്യമാക്കരുത് അവൻ തന്റെ പേർ പോലെ തന്നെ ആകുന്നു നാബാൽ എന്നല്ലോ അവന്റെ പേര് ഫോഷത്വമത്രേ അവന്റെ പക്കൽ ഉള്ളത് അടിയനോ യജമാനിച്ച ബാല്യക്കാരെ കണ്ടിരുന്നില്ല ആകയാൽ യജമാനനെ യഹോവയാണ് നിന്നാണ് രക്തപാതവും സ്വന്ത പ്രതികാരവും ചെയ്യാത്തവണ്ണം യഹോവ നിന്നെ ഇപ്പോൾ യജമാനന്റെ അടുക്കൽ അടിയൻ കൊണ്ടുവന്നിരിക്കുന്ന ഈ കാഴ്ച യജമാനന്റെ പരിചാരകരായ ബാല്യക്കാർക്ക് ഇരിക്കട്ടെ അടിയന്റെ കുറ്റം ക്ഷമിക്കണമേ യഹോവ യജമാനന് സ്ഥിരമായൊരു ഭവനവന് പണിയണി യഹോവയുടെ യുദ്ധങ്ങളെയല്ലോ യജമാനൻ നടത്തുന്നത് ആയുഷ്കാലത്തൊരിക്കലും നിന്നിൽ ദോഷം കാണുകയില്ല മനുഷ്യൻ നിന്നെ പിന്തുടർന്ന് നിനക്ക് ജീവഹാനി വരുത്തുവാൻ എഴുന്നേറ്റാലും യജമാനന്റെ പ്രാണൻ നിന്റെ ദൈവമായ യഹോവയുടെ പക്കൽ ജീവഭാണ്ടത്തിൽ കെട്ടപ്പെട്ടിരിക്കും നിന്റെ ശത്രുക്കളുടെ പ്രാണങ്ങളെയോ അവൻ കവിണയുടെ തടത്തിൽ നിന്ന് എന്ന പോലെ എന്നാൽ യഹോ യജമാനന് വാഗ്ദാനം ചെയ്തിരിക്കുന്ന എല്ലാ നന്മയുമേയും നിവർത്തിച്ചു തന്ന് നിന്നെ ഇസ്രയേലിന് പ്രഭുവാക്കി വയ്ക്കുമ്പോൾ അകാരണമായി രക്തം ചിന്നുകയും യജമാന് താൻ തന്നെ പ്രതികാരം നടത്തുകയും ചെയ്തു പോയി എന്നുള്ള ചഞ്ചലവും മനോവ്യഥയും യജമാനന് ഉണ്ടാകയില്ല എന്നാൽ യഹോവ യജമാനന് നന്മ ചെയ്യുമ്പോൾ അടിയനെയും ഓർത്തുകൊള്ളേണമേ ദാവീത് അബിഗേലിനോട് പറഞ്ഞത് എന്നെ എതിരേൽപ്പാൻ നിന്നെ ഇന്നയച്ചിരിക്കുന്ന ഇസ്രയേലിന്റെ ദൈവമായ യഹോവയ്ക്ക് സ്തോത്ര നിന്റെ വിവേകം സ്തുത്യം രക്തപാതകവും സ്വന്ത കയ്യാൽ പ്രതികാരവും ചെയ്യാത്തവണ്ണം എന്നെ ഇന്ന് നീ ബന്ധപ്പെട്ട് എന്നെ എതിരേറ്റ് വന്നിരുന്നില്ലെങ്കിൽ നേരം പുലരുമ്പോഴേക്ക് പുരുഷ പ്രജയൊന്നും നാബാലിന് ശേഷിക്കയില്ലായിരുന്നു പിന്നെ അവൾ കൊണ്ടുവന്നത് ദാവീദ് അവളുടെ കയ്യിൽ നിന്നു വാങ്ങി അവളോട് സമാധാനത്തോടെ വീട്ടിലേക്ക് പോകാം ഇതാ ഞാൻ നിന്റെ വാക്കുകേട്ട് നിന്റെ മുഖം ആദരിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞു അബീഗെ ിന്റെ അടുക്കലെത്തിയപ്പോൾ അവൻ തന്റെ വീട്ടിൽ രാജവിരുന്ന് പോലെ ഒരു വിരുന്ന് കഴിക്കുന്നത് കണ്ടുകൊണ്ടു നാബാലിന്റെ ഹൃദയം ആനന്ദത്തിലായി അവന് നന്ന ലഹരി പിടിച്ചിരുന്നു അതുകൊണ്ട് അവൾ നേരം വെളുക്കും വരെ വിവരമൊന്നും അവനെ അറിയിച്ചില്ല എന്നാൽ രാവിലെ നാബാലിന്റെ വീഞ്ഞ് ഇറങ്ങിയ ശേഷം അവന്റെ ഭാര്യ അവനോട് വിവരമറിയിച്ചപ്പോൾ അവന്റെ ഹൃദയം അവന്റെ ഉള്ളിൽ നിർജ്ജീവമായി അവൻ കല്ലിച്ചുപോയി പത്തു ദിവസം കഴിഞ്ഞ ശേഷം യഹോവ നാബാലിനെ ദണ്ണിപ്പിച്ചു അവൻ മരിച്ചുപോയി നാബാൽ മരിച്ചു എന്ന ദാവിത് കേട്ടപ്പോൾ എന്നെ നിന്നിച്ച നിന്നക്കായിട്ട് നാബാലിനോട് വ്യവഹരിക്കുകയും തന്റെ ദാസനെ തിന്മ ചെയ്യാതെ വണ്ണം തടുക്കുകയും ചെയ്ത യഹോവയ്ക്ക് സ്ത്രോ നാബാലിന്റെ ദുഷ്ടത യഹോവ അവന്റെ തലയിൽ തന്നെ വരുത്തിയിരിക്കുന്നു എന്ന് പറഞ്ഞു പിന്നെ ദാവീദ് അബിഗേലിനെ തനിക്ക് ഭാര്യയായി പരിഗ്രഹിക്കേണ്ടതിന് അവളോട് സംസാരിപ്പാൻ ആളയച്ചു ദാവിദിന്റെ ഭൃത്യന്മാർ കർമ്മലിൽ അബിഗേലിന്റെ അടുക്കൽ ചെന്ന് അവളോട് നീ ദാവീദന് ഭാര്യയായി തീരുവാൻ നിന്നെ കൊണ്ടുചെല്ലേണ്ടതിന് ഞങ്ങളെ അവൻ നിന്റെ അടുക്കൽ അയച്ചിരിക്കുന്നു എന്ന് പറഞ്ഞു അവൾ എഴുന്നേറ്റ് നിലം തലകുനിച്ചു ഇതാ അടിയൻ യജമാനന്റെ ദാസന്മാരുടെ കാലുകളെ കഴുകുന്ന ദാസി എന്നു പറഞ്ഞു ഉടനെ അബിഗേൽ എഴുന്നേറ്റ് തന്റെ പരിചാരികളായ അഞ്ച് ബാല്യക്കാരുത്തികളുമായി കഴുതപ്പുറത്ത് കയറി ദാവീദിന്റെ ദൂതന്മാരോട് കൂടെ ചെന്ന് അവന് ഭാര്യയായിത്തീർന്നു ഇസ്രയേലിൽ നിന്ന് ദാവീദ് അഹീനോമിനെയും കൊണ്ടുവന്നു അവർ ഇരുവരും അവന് ഭാര്യമാരായിത്തീർന്നു ഷൌലോ തന്റെ മകളും ദാവീദിന്റെ ഭാര്യയുമായിരുന്ന മീഖളിനെ ഗല്ലീമ്യനായ ലയിഷിന്റെ മകൻ ഫൽത്തിക്ക് കൊടുത്തിരുന്നു